ഓ വിശ്വാസികളെ നിങ്ങളുടെ ശബ്ദങ്ങൾ മുഹമ്മദ് റിസല്ലാഹു അലഹി വസ്ലമിയുടെ ശബ്ദത്തേക്കാൾ ഉയർത്തരുത് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതുപോലെ അദ്ദേഹത്തോട് ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ വ്യർത്ഥമായി പോകും